എന്റെ മകനെ ഒരു കടുക് മണിയോളം തൂക്കമുള്ള കാര്യമാണെങ്കിൽ അതൊരു പാറയ്ക്കുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ ആണെങ്കിലും അള്ളാഹു സുബഹാനഹുവച്ചായലതിനെ കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അള്ളാഹു സുബഹാനഹുവചായല സൂക്ഷ്മജ്ഞാനിയുമെല്ലാം അറിയുന്നവരുമാകുന്നു